അധ്യായം ഇരുപത്തി ഏഴ് യോശ്യാവിന്റെ മകനായി യഹൂദ രാജാവായ യഹോയാക്കിമിന്റെ വാഴ്ചയുടെ ആരംഭത്തിങ്കൽ യഹോവയെങ്കിൽ നിന്ന് ഇരമ്യാവിനുണ്ടായ അരുളപ്പാട് എന്തെന്നാൽ യഹോവയനോട് ഇപ്രകാരം അരുളി ചെയ്തു നീ കയറും നുകവുമുണ്ടാക്കി നിന്റെ കഴുത്തിൽ വയ്ക്കുക പിന്നെ അവയെ യഹൂദ രാജാവായ സിതക്യാവിന്റെ അടുക്കൽ വരുന്ന ദൂതന്മാരുടെ കയ്യിൽ ഏതോം രാജാവിനും മോവാബ് രാജാവിനും അമോന്യരുടെ രാജാവിനും സോർ രാജാവിനും സീതോൻ രാജാവിനും കൊടുത്തയച്ച് തങ്ങളുടെ യജമാനന്മാരോട് പറവാൻ നീ അവരോട് കൽപ്പിക്കേണ്ടത് ഇസ്രയേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ ഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു നിങ്ങളുടെ യജമാനന്മാരോട് ഇപ്രകാരം പറവീൻ ഞാൻ ഭൂമിയെയും ഭൂതലത്തിലെ മനുഷ്യനെയും മൃഗങ്ങളെയും എന്റെ മഹാശക്തി കൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും ഉണ്ടാക്കിയിരിക്കുന്നു എനിക്ക് ബോധിച്ചവന് ഞാനത് കൊടുക്കും ഇപ്പോഴോ ഞാൻ ഈ ദേശങ്ങളെയൊക്കെയും എന്റെ ദാസനായി ബാബേൽ രാജാവായ നെബൂഗതനെ കയ്യിൽ കൊടുത്തിരിക്കുന്നു അവനെ സേവിക്കേണ്ടതിന് വയലിലെ മൃഗങ്ങളെയും ഞാൻ അവന് കൊടുത്തിരിക്കുന്നു സകല ജാതികളും അവനെയും അവന്റെ മകനെയും മകന്റെ മകനെയും അവന്റെ ദേശത്തിന്റെ കാലാവധിയാകുവളം സേവിക്കും അതിന്റെ ശേഷം അനേകം ജാതികളും വലിയ രാജാക്കന്മാരും അവനെ കൊണ്ടും സേവ ബാബേൽ രാജാവായ നപോഗതനേസറിനെ സേവിക്കുകയോ ബാബേൽ രാജാവിന്റെ നുഖത്തിന് കഴുത്ത് കീഴ്പ്പെടുത്തുകയോ ചെയ്യാത്ത ജാതിയെയും രാജ്യത്തെയും ഞാൻ അവന്റെ കൈകൊണ്ട് അവരെ മുടിച്ചു കളയും വരെ വാൾകൊണ്ടും ക്ഷാമം കൊണ്ടും മഹാമാരി കൊണ്ടും സന്ദർശിക്കുമെന്ന് യഹോബയുടെ അരുളപ്പാട് നിങ്ങൾ ബാബേൽ രാജാവിനെ സേവിക്കേണ്ടി വരികയില്ല എന്നു പറയുന്ന നിങ്ങളുടെ പ്രവാചകന്മാർക്കും പ്രശ്നക്കാർക്കും നിങ്ങളുടെ സ്വപ്നങ്ങൾക്കും നിങ്ങളുടെ ശകുനവാദികൾക്കും ക്ഷുദ്രക്കാർക്കും ചെവി കൊടുക്കരുത് നിങ്ങളെ നിങ്ങളുടെ ദേശത്തുനിന്ന് അകറ്റിക്കളവാനും ഞാൻ നിങ്ങളെ നീക്കിക്കളഞ്ഞിട്ട് നിങ്ങൾ നശിച്ചു പോകുവാനും കവണ്ണം അവർ നിങ്ങളോട് ോഷ്ക്ക് പ്രവചിക്കുന്നു എന്നാൽ ബാബേൽ രാജാവിന്റെ മുഖത്തിന് കഴുത്ത് കീഴ്പ്പെടുത്തി അവനെ സേവിക്കുന്ന ജാതിയെ ഞാൻ അവരുടെ ദേശത്ത് തന്നെ വസിക്കുമാറാക്കും അവർ കൃഷി ചെയ്ത് അവിടെ പാർക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട് ഞാൻ അങ്ങനെ തന്നെ യഹൂദരാജാവായ സിതക്കിയാവോടും പ്രസ്താവിച്ചതെന്തെന്നാൽ നിങ്ങൾ ബാബേൽ രാജാവിന്റെ മുഖത്തിന് കഴുത്ത് കീഴ്പ്പെടുത്തി അവനെയും അവന്റെ ജനത്തെയും സേവിച്ച് ജീവിച്ചുകൊള്ളീൻ ബാബൽ രാജാവിനെ സേവിക്കാത്ത ജാതിയെക്കുറിച്ച് യഹോവ അരുളിച്ചെയ്തതുപോലെ നീയും നിന്റെ പ്രജകളും വാൾകൊണ്ടും ക്ഷാമം കൊണ്ടും മഹാമാരി കൊണ്ടും നിങ്ങൾ ബാബൽ രാജാവിനെ സേവിക്കേണ്ടി എന്ന് പറയുന്ന പ്രവാചകന്മാരുടെ വാക്ക് കേൾക്കരുത് അവർ ഭോഷ് നിങ്ങളോട് പ്രവചിക്കുന്നത് ഞാനവരെ അയച്ചിട്ടില്ല എങ്കിലും ഞാൻ നിങ്ങളെ നീക്കിക്കളവാനും നിങ്ങളും നിങ്ങളോട് പ്രവചിക്കുന്ന പ്രവാചകന്മാരും നശിച്ചു പോകുവാനും തക്കവണ്ണം അവർ എന്റെ നാമത്തിൽ ഭോഷ്ക് പ്രവചിക്കുന്നു എന്ന് യഹോവിയുടെ അരുളപ്പാട് പിന്നെ ഞാൻ പുരോഹിതന്മാരോടും ഈ സകല ജനത്തോടും പ്രസ്താവിച്ചതെന്തെന്നാൽ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു യഹോവിയുടെ ആലയം ഉപകരണങ്ങൾ ഇപ്പോൾ ക്ഷണത്തിൽ ബാബേലിൽ നിന്ന് തിരികെ കൊണ്ടുവരും എന്തിങ്ങനെ പ്രവചിക്കുന്ന നിങ്ങളുടെ പ്രവാചകന്മാരുടെ വാക്ക് കേൾക്കരുത് അവർ ഭോഷ്കത്രെ നിങ്ങളോട് പ്രവചിക്കുന്നത് അവർക്ക് ചെവി കൊടുക്കരുത് ബാബേൽ രാജാവിനെ സേവിച്ച് ജീവിച്ചു ഈ നഗരം ശൂന്യമായി തീരുന്നത് എന്തിന് അവർ പ്രവാചകന്മാരാകുന്നുവെങ്കിൽ യഹോവയുടെ അരുളപ്പാട് അവർക്കുണ്ടെങ്കിൽ യഹോവയുടെ ആലയത്തിലും യഹൂദ രാജാവിന്റെ അരമനയിലും യരുശിലേമിലും ശേഷിച്ചിരിക്കുന്ന ഉപകരണങ്ങൾ ബാബേലിലേക്ക് കൊണ്ടുപോകാതിരിക്കേണ്ടതിന് അവർ സൈന്യങ്ങളുടെ യഹോവയോട് പക്ഷപാതം കഴിക്കട്ടെ ബാബേൽ രാജാവായ നെബുഗദനേസർ യഹോയാക്കിമിന്റെ മകനായി യഹൂദ രാജാവായ യഖോന്യാവേയും യഹൂദയിലും യരുഷലേമിലുമുള്ള സകല കുലീനന്മാരെയും യരുഷലേമിൽ നിന്ന് ബാബേലിലേക്ക് പിടിച്ചുകൊണ്ടുപോയപ്പോൾ അവൻ എടുക്കാതെ വെച്ചിരുന്ന സ്തംഭങ്ങളെയും കടലിനെയും പീഠങ്ങളെയും ഈ നഗരത്തിൽ ശേഷിച്ചിരിക്കുന്ന ശേഷം ഉപകരണങ്ങളെയും കുറിച്ച് സൈന്യങ്ങളുടെ ഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു അതെ യഹോവയുടെ ആലയത്തിലും യഹൂദ രാജാവിന്റെ അരമനയിലും യരുശലേമിലും ശേഷിപ്പുള്ള ഉപകരണങ്ങളെക്കുറിച്ചു തന്നെ ഇസ്രയേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ ഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു അവയെ ബാബേലിലേക്ക് കൊണ്ടുപോകും ഞാൻ അവരെ സന്ദർശിക്കുന്ന നാൾ വരെ അവ അവിടെ ഇരിക്കും ഇന്നത്തേതിൽ ഞാൻ അവയെ ഈ സ്ഥലത്ത് മടക്കിവരുത്തുമെന്ന് യഹോവയുടെ അരുളപ്പാട്